പ്ലാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് അവരുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാനും അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ അവർക്ക് പാ പാട്ടുകൾ പാടാനും ഒക്കെയുള്ള അവസരങ്ങൾ അവർക്ക് നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഒരു ബൈബിൾ ക്വിസ് ഉണ്ട് എസ്രയുടെ പുസ്തകം ഒന്നു മുതൽ അഞ്ച് അപ്പോൾ എല്ലാവരും അത് വളരെ പഠിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചില കാര്യങ്ങളുടെ യുവജനത്തിൽ നിന്ന് നമുക്ക് ചിന്തിച്ച ശേഷം ചെറുപ്പക്കാർക്ക് നമുക്ക് കൈമാറാം എന്നാണ് ചിന്തിക്കുന്നത് നമ്മളിവിടെ കോട്ടയത്ത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇവിടെയുള്ള ഈ മീറ്റിംഗ് ആരംഭിച്ചത് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഈ പ്രവർത്തനം തുടങ്ങി ദൈവം ഈ കാലഘട്ടത്തിൽ ചില ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ച് ഒരു ഒരു ആത്മീയ മുന്നേറ്റമായി നമ്മുടെ ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും ഒരു ആത്മീയ മുന്നേറ്റമായിട്ട് ദൈവത്തിന് നമ്മുടെ സഭയിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞു നമ്മൾ ചരിത്രത്തിലുടനീളം നാം നോക്കുമ്പോൾ ദൈവം ചില ആത്മീയ നേതാക്കന്മാരെ എഴുന്നേൽക്കി എഴുന്നേൽപ്പിക്കുകയും അവരിലൂടെ ദൈവം ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും അവരെ അവർ ദൈവത്തെ അഭിമുഖമായി കണ്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവം അവർക്ക് ആലോചനകളും ദിശാബോധവും നൽകി അവരെ മുമ്പോട്ട് നടത്തി എന്നാൽ പലപ്പോഴും ചരിത്രത്തിൽ ചില സമയങ്ങളിൽ ഈ ആത്മീക നേതാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ ശരിയായി ഈ മുന്നേറ്റത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ തരത്തിലുള്ള പിൻഗാമികളില്ലാതെ പല മുന്നേറ്റങ്ങളും നിന്നുപോയിട്ടുണ്ട് എന്നാൽ നമ്മൾ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ആത്മീകമായിട്ട് മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകിൽ അതിനെ തുടർന്ന് ഉത്തരവാദിത്വം എടുക്കുന്ന ചെറുപ്പക്കാർ പാരം വഹിക്കുന്ന ചെറുപ്പക്കാർ അവർ അങ്ങനെ ഒരു പുതിയ തലമുറ രണ്ടാമത്തെ തലമുറ മൂന്നാമത്തെ മൂന്നാമത്തെ തലമുറ ഉത്തരവാദിത്തങ്ങൾ എടുത്തുകൊണ്ട് ഈ ആത്മീയ മുന്നേറ്റം മുമ്പോട്ട് കൊണ്ടുപോയി ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ പദ്ധതി ആ കാലഘട്ടത്തിൽ നിറവേറ്റണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സാക്ക് ബ്രതറും ആ കാര്യത്തിൽ വളരെ ബ്രതറെ ശ്രദ്ധാലുവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടാം തലമുറയിൽ പല ദൈവദാസന്മാരും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ആ രീതിയിൽ ഉത്തരവാദിത്വം എടുക്കുന്ന ഈ മുന്നേറ്റത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അവർ അവരുടെ ജീവിതത്തിൽ വിശ്വസ്തരായി മുമ്പോട്ട് പോകുന്ന ദൈവത്തിന് അവരെ ഉപയോഗിക്കാനും നമുക്ക് വിക്ടർ ബ്രദറാണെങ്കിലും ജോജി ബ്രദർ ആണെങ്കിലും അങ്ങനെയുള്ള പല സഹോദരന്മാർ നമുക്കുണ്ട് എന്നാൽ ഈ രണ്ടാമത്തെ തലമുറ കഴിഞ്ഞ് ഇനിയും ഇവിടെ ഈ മീറ്റിങ്ങിൽ ഇവിടെ നിന്ന് ഇവിടെ സംസാരിക്കേണ്ടത് ഇവിടെ ചർച്ചിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഈ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഈ കാര്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ് വീണ്ടും രണ്ടാമത്തെ തലമുറയല്ല മൂന്നാമത്തെ തലമുറ അടുത്ത യങ്സ്റ്റേഴ്സ് ചെറുപ്പക്കാരായ സഹോദരന്മാർ സഹോദരിമാർ ഉത്തരവാദിത്വം ആത്മീയ മുന്നേറ്റത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് കഴിയണം അപ്പം ഞാന് വളരെ പെട്ടെന്ന് നമ്മുടെ യുവചനത്തിൽ നിന്ന് നമ്മൾ സാധാരണ ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ദാനിയലിനെ കുറിച്ച് പറയും ജോസഫിനെ കുറിച്ച് പറയും അങ്ങനെ ഈ മുന്നേറ്റത്തെ ആദ്യമായിട്ട് എടുത്ത് ആ രീതിയിൽ കൊണ്ടുപോയ ആളുകളെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഇന്ന് ചില ആത്മീയ നേതാക്കന്മാർക്ക് കീഴടങ്ങി ഇരുന്ന് അതിനെ തുടർന്ന് അവർ ചെറുപ്പക്കാരായി ഈ വഴിയിൽ പോയി അതിനെ തുടർന്ന് സ്പിരിച്വൽ ആത്മീയ നേതൃത്വം എടുത്ത രണ്ട് പേരെക്കുറിച്ച് വളരെ പെട്ടെന്ന് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഒന്ന് യോഷുവയെക്കുറിച്ചും രണ്ട് തിമത്തിയെക്കുറിച്ചും നമുക്ക് നമ്മുടെ സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം നമ്മൾ മോശ മോശയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം മോശ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച ദൈവത്തിൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ദൈവം ആ രീതിയിൽ മോശ മോശ ഒരു ഒരു ദൈവ മനുഷ്യനായിരുന്നു എന്നാൽ യോഷുവ യോശുവ ഒരു ചെറുപ്പക്കാരനായി ഒരു ബാലനായി മോശയോടൊപ്പം വന്ന് അതിനുശേഷം ഒരു ആത്മീക ഉത്തരവാദിത്വം മോശയ്ക്ക് ദൈവം മോശയിലൂടെ യോഷുവയ്ക്ക് അങ്ങനെ ഒരു ആത്മീയ നേതൃത്വം ഒരു ഉത്തരവാദിത്വം നൽകി ആ മുന്നേറ്റത്തെ മുമ്പോട്ട് നയിച്ച മുമ്പോട്ട് തുടർമാനമായി മുമ്പോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് യോശുവ അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ഒരു ചെറുപ്പക്കാരനായി ബാലനായി പൗലോസിന്റെ കൂടെ വന്ന് ചെറുപ്പക്കാരനായി പൗലോസിന്റെ ടീമിൽ വന്ന് അതിനുശേഷം പൗലോസിന് തൻ്റെ ഒരു കോ വർക്കറായി തന്നോടൊപ്പം കൊണ്ടു വീണ്ടും ഒരു അപ്പൊസ്തുലനായി സഭകളെ സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് തിമത്തയോസ് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലുള്ള എന്തൊക്കെയായിരുന്നോ ചില പ്രത്യേകതകൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കാം യോശുവയെക്കുറിച്ച് നമുക്കത് യുവജനത്തിൽ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് പരാമർശിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം യോശുവയുടെ യഥാർത്ഥത്തിലുള്ള പേര് ഹൊിയ എന്നായിരുന്നു അവന് യോശുവ എന്ന് പേരിട്ടത് മോശയാണ് അത് പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് യഹോവയാകുന്ന രക്ഷ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം നമ്മൾ യോശുവ ആദ്യം ഇവിടെ വരുമ്പോൾ യോശുവ ആദ്യം എന്തെങ്കിലും ആത്മീയമായ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ആത്മീയമായിട്ട് അവിടെ അവിടെയുള്ള ആ തരത്തിലുള്ള എന്തെങ്കിലും ശുശ്രൂഷകളോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളല്ല അന്ന് യോശുവായിക്ക് ഭൗതികമായ പല കാര്യങ്ങൾ അവിടെ യുദ്ധത്തിന് ആൾക്കാരെ തിരഞ്ഞെടുത്ത് യുദ്ധത്തിന് പോകാനായിട്ട് ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ തനിക്ക് ചെയ്യാവുന്ന എനർജിയോടെ തനിക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെയാണ് ആദ്യം ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് എക്സോ പിന്നെ പുറപ്പാട് പതിനേണ്ടി ഒമ്പതാം വാക്യം ചിന്തിക്കുക അപ്പോൾ മോശം നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് ആ യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുന്നിന് മുകളിൽ ദൈവത്തിൻ്റെ വാടി കയ്യിൽ പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞു മോശ തന്നോട് പറഞ്ഞതുപോലെ യോഷ ചെയ്തു പല പലയിടങ്ങളിലും ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു ബാലനായിട്ട് വന്ന് യോഷ മോശ പറഞ്ഞതെല്ലാം അതുപോലെ ചെയ്തു അവിടെ നമ്മൾ അവർക്ക് മോശ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും മോശയാണ് അവിടെ കൈ ഉയർത്തി നിന്ന് അവിടെ പ്രാർത്ഥിക്കുന്നത് മോശയ്ക്ക് സപ്പോർട്ടായിട്ട് അവിടെ അവരുടെ കൈക്ക് താങ്ങിക്കൊണ്ട് അവരോന്നും ഓക്കെ അവിടെയുണ്ട് ആ സമയത്ത് യോഷുവായോട് പറയുന്നു നീ പോയി ആളുകളെ തിരഞ്ഞെടുത്ത് നീ പോയി യുദ്ധം ചെയ് നീ പോയി യുദ്ധത്തിനായിട്ട് നീ പോവുക പലപ്പോഴും ചെറുപ്പക്കാരായ ആളുകൾ ആദ്യം നമ്മുടെ ക്രിസ്ത്യ ജീവിതം നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം നിങ്ങൾ ആരംഭിക്കേണ്ടത് ഉത്സാഹത്തോടെ ഇങ്ങനെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം ആ കാര്യങ്ങളിൽ ഉത്സാഹത്തോടുകൂടെ നിങ്ങൾ ചെയ്യുക ടഫായിട്ടുള്ള പ്രയാസമുള്ള അപ്പോൾ ജോഷുവയുടെ ഒരു പ്രത്യേകത ഇതാണ് ഈ വാസ് വില്ലിങ് ടു ഡു ടഫ് ജോബ്സ് ഒന്ന് താൻ കട്ടിയുള്ള പ്രയാസമുള്ള ജോലികൾ ചെയ്യാനായിട്ട് യോഷുവയ്ക്ക് മനസ്സായിരുന്നു മോശ പറഞ്ഞു ഓക്കെ അത് കേട്ടു അതിനനുസരിച്ച് അത് ചെയ്യാനായിട്ട് മോശയും ഒക്കെ അവിടെ ആത്മീയമായിട്ടുള്ള ശുശ്രൂഷയും പ്രാർത്ഥനയിലും പല കാര്യങ്ങളും നിൽക്കുമ്പോൾ അവിടെ പോയി ടഫായിട്ടുള്ള ജോലി ചെയ്യാനായിട്ട് ചെറുപ്പക്കാരനായ യോശുവയായിട്ട് പറയുമ്പോൾ യോഷുവ പൂർണ്ണ മനസ്സോടെ ഉത്സാഹത്തോടു കൂടെ അത് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ആ തരത്തിൽ നിങ്ങളുടെ വീട്ടിലാകട്ടെ സഭയിലാകട്ടെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ഭൗതികമായ കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത ആ കാര്യങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന സുഷ്കാന്തി അതാണ് നിങ്ങളുടെ പിൽക്കാലത്തെ നിങ്ങളുടെ ആത്മീക ജീവിതത്തെ ദിശാബോധത്തെ നയിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഓ ഇതൊക്കെ എന്തിനാണ് ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത് ഞാൻ ക്ലീനിങ്ങിന് ഏൽപ്പിച്ച അതൊരു ഒരു ആത്മാർത്ഥ മനസ്സിതിലിടാതെ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലെ ഒരു കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ആ കാര്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാർത്ഥതയോടെ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു പണിക്ക് വേണ്ടി നാം ഒരുങ്ങപ്പെടുകയാണ് അത് അപ്രകാരം യോശുവ ചെയ്തപ്പോൾ അതിൻ്റെ പതിനാലാം വാക്യം ശ്രദ്ധിക്കുക യഹോവ മോശിയോട് നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾ കേൾപ്പിക്കുക ഞാൻ അമേലക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്നും അശേഷം മായിച്ചുകളയും എന്ന് പറഞ്ഞു അപ്പോൾ യോശുവയെ ഒരു കാര്യം ഏൽപ്പിച്ച് യോശുവ ആത്മാർത്ഥമായിട്ട് ചെയ്തപ്പോൾ യോശുവ ചെയ്ത കാര്യം ദൈവം കണ്ടു യഹോവ കണ്ടിട്ട് സ്പെസിഫിക്കായിട്ട് യോശുവയുടെ പേര് പറഞ്ഞിട്ട് യഹോ പിന്നെ മോശയോട് പറയുകയാണ് നീ ഈ യുദ്ധത്തിൽ യോശുവായും എല്ലാം കൂടെ പോയി അവരെ തോൽപ്പിച്ചത് ഈ കാര്യങ്ങളെല്ലാം നീ ഒരു പുസ്തകത്തിൽ എഴുതുക ഓർമ്മയ്ക്കായിട്ടൊരു പുസ്തകത്തിൽ എഴുതി അത് യോശുവായി കേൾപ്പിക്കുക യോശുവായി നീ വായിച്ച് കേൾപ്പിക്കുക നിൻ്റെ ഈ ഒരു നിൻ്റെ ആത്മാർത്ഥമായിട്ട് നീ ഈ കാര്യത്തെ സമീപിച്ചത് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു ഞാനത് കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് അവനൊരു ഉത്സാഹം ആവശ്യമാണ് അപ്പം ആ രീതിയിൽ നമ്മളിങ്ങനെയാണ് യോശുവയെക്കുറിച്ച് നമ്മൾ തുടങ്ങുന്നതായിട്ട് നാം കാണുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ യോശുവയ്ക്ക് കാണുന്ന യോശുവയുടെ പ്രത്യേകത ഈ തരത്തിൽ യോശുവയ്ക്ക് കട്ടിയുള്ള തന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു പ്രിയ ചെറുപ്പക്കാരെ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു കാലഘട്ടത്തിലായിരിക്കാം വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം നിങ്ങളെ ഒരു ആത്മീയ ഉത്തരവാദിത്വത്തെ ദൈവത്തിന് ഏൽപ്പിക്കുവാനായിട്ട് കഴിയുന്നു എന്നാൽ ഇന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്ന കൊച്ചും ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടെ ഒരു കാര്യം തുടങ്ങിയാൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം നിങ്ങളൊരു പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ ആ പുസ്തകം ഓക്കെ ഞാൻ ഈ പുസ്തകം വായി വായിക്കാൻ തുടങ്ങി വായിച്ച് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ രാവിലെ എഴുന്നേക്കുമ്പോൾ നിങ്ങളുടെ കട്ടിലിൽ നിങ്ങളുടെ ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കാറുണ്ടോ ഇത് ഇതിനൊക്കെ ഇതൊക്കെ എന്തോ ആത്മീയത വ്രതരെന്തോ ചുമ്മാതായവരോ എന്ന് പറയുന്നത് ഇതിന് ഇതൊന്നും നമ്മുടെ ആത്മീയതയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചെറിയ വയസ്സിൽ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ നിങ്ങൾ തുടങ്ങിയ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ബെഡ് ബെഡ്ഷീറ്റ് മടക്കി വെക്കണം എൻ്റെ തുണി ഞാൻ കഴുകണം എൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ആത്മർത്ഥമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കുക്കിങ്ങിൻ്റെ എന്തെങ്കിലും പഠിക്കണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ സഹായിച്ചില്ല ജോലികൾ ചെയ്യണം ചർച്ചിലാണെങ്കിലും നമുക്ക് പലപ്പോഴും ചർച്ചിൽ എന്താ പറയുക നമ്മളിങ്ങനെ പറഞ്ഞു ചർച്ചിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങളത് ചെയ്യണം അല്ലെ അത് ചെയ്യ് ഇത് ചെയ്യുക എന്ന് പലപ്പോഴും നമ്മൾ പറയാൻ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ പിള്ളേർ അല്ലെങ്കിൽ അവർ വന്ന് മമ്മി എന്താ ഞാൻ എന്താ ചെയ്യാനുണ്ട് ഞാൻ ഐ എം റെഡി ഞാൻ അവൈലബിൾ എന്താ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഡാഡി എന്താ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ചർച്ചിൽ ആ ഞങ്ങളിപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഫ്രീ ആണ് ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങൾ ആരോഗ്യത്തോടെ ഞങ്ങൾ നിൽക്കുന്നു എന്താണ് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ അങ്ങനെ ചോദിച്ച് വരാനുള്ള പലപ്പോഴും നമ്മൾ കാണാറില്ല എന്നാൽ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് നോക്കി കണ്ട് ചെയ്യുക ഈ ഒരു സ്വഭാവം നോക്കിക്കണ്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം എടുക്കുന്ന ഒരു പ്രവണത നമ്മൾ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ വളർത്തിക്കൊണ്ട് വന്നാലേ ദൈവത്തിന് വലിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളെ ഏൽപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്താൽ അത് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചാൽ എന്തെങ്കിലും ഒന്ന് ഏൽപ്പിച്ചാൽ അതൊരു ഫെയ്റ്റ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ആത്മാർത്ഥതയോടെ നിങ്ങളുടെ മനസ്സും എഫേർട്ടും അതിലിട്ട് നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം ഇതൊരു വളരെ ഭൗതികമായൊരു കാര്യമായിരുന്നു യോശുവയുടെ ജീവിതത്തിൽ രണ്ടാമതായിട്ട് യോശുവയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് യോഷുവ ആത്മീയ കാര്യങ്ങളിൽ വളരെ ഉത്സാഹമുള്ളവനായി അവന് ഭൗതികമായ കാര്യങ്ങളിൽ ആത്മാർത്ഥത മാത്രമല്ല ആത്മീയ കാര്യങ്ങളിൽ വളരെ ഈഗർനെസ് ഫോർ സ്പിരിച്വൽ മാറ്റേഴ്സ് വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് നമ്മൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം പുറപ്പാട് ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് അവിടെ പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോബ മോശയോട് നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി അവിടെ ഇരിക്കുക ഞാൻ നിനക്ക് കൽപ്പൽ കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് പറഞ്ഞു യഹോവ ആരോടാണ് പറഞ്ഞത് മോശയോടാണ് പറഞ്ഞത് പതിമൂന്ന് അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു അപ്പം മോശ എഴുന്നേറ്റ് പർവ്വതത്തിലേക്ക് പോവുകയാണ് ഇപ്പം ഇവിടെ യോശുവയെക്കുറിച്ച് എന്താണ് പരാമർശിച്ചിരിക്കുന്നത് മോശയുടെ ശുശ്രൂഷക്കാരൻ അപ്പം മോശയെ ശുശ്രൂഷ ചെയ് മോശയ്ക്ക് ശുശ്രൂഷ ചെയ്യുക മോശയെ ഹെൽപ്പ് ചെയ്യുക മോ അതാണ് യോശുവ ആദ്യം ചെയ്യുന്ന ജോലി മോശയുടെ ശുശ്രൂഷക്കാർ അപ്പം മോശ എഴുന്നേറ്റപ്പോൾ യോശുവായി എഴുന്നേറ്റും അപ്പോൾ യോശുവ എങ്ങോട്ട് പോയി മോശയുടെ കൂടെ യോശുവായും പോയി അപ്പം മോ മോശയുടെ അടുത്ത് അവിടെ പർവ്വതത്തിൽ ദൈവത്തോട് സംസാരിക്കുന്നിടത്ത് യോശുവയ്ക്ക് പോകാനായിട്ട് പറ്റത്തില്ല അപ്പം എനിക്ക് എവിടെയെങ്കിലും ദൂരെ നിന്നെങ്കിലും ഈ ആത്മീയവുമായി എൻ്റെ എനിക്ക് ആത്മീയവുമായിട്ട് വളരണം എനിക്ക് എന്തെങ്കിലും കേൾക്കണം എനിക്ക് ഈ ഒരു നല്ല മാതൃക എനിക്ക് പിൻപറ്റണം അപ്പോൾ അവിടെ ഇരിക്കാതെ ഓക്കെ മോശയെ വിളിച്ചു അപ്പോൾ മോശ അങ്ങോട്ട് പോയി അപ്പം എനിക്കിപ്പോൾ ഫ്രീ ആയി ആ എന്നാൽ ഞാൻ താഴെ പാളയത്തിലേക്ക് പോയി പോകാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോശയെ സംബന്ധിച്ചോളം മോശ ഒരു അവിടെ ആൾക്കാരുടെ കളിയിലും മോശയും പെട്ടുപോയ പെട്ടുപോകുമായിരുന്നു പക്ഷേ മോശ അല്ല സോറി യോശുവായും പെട്ടുപോകുമായിരുന്നു പക്ഷെ മോശിയോട് കൂടെ പറ്റി നിന്ന് ആത്മാർത്ഥമായിട്ട് വീണ്ടും മോശിയോട് കൂടെ പർവ്വതത്തിലേക്ക് കയറുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ അവിടെ കുറച്ച് കുറേ ദൂരം ഒരുപക്ഷെ അവിടെ നിന്നിരിക്കാം കാര്യം നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തി മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴ് മുപ്പത്തി രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ അവിടെ മോശ നാൽപ്പത് ദിവസം നാൽപ്പത് രാവും അവിടെ ആ രീതിയിൽ പർവ്വതത്തിലായിരുന്നു അത് കഴിഞ്ഞ് മോശ തിരിച്ചു വരുമ്പോ അപ്പോഴും യോശുവ എവിടെയായിരുന്നു യോശുവ എവിടെയോ ആ രീതിയിൽ മോശയ്ക്ക് ഒരു ദൈവികാനുഭവം ഉണ്ടാവുമ്പോൾ മോ യോശുവയും എവിടെയോ അവിടെ കാത്തിരുന്ന ഒരു ദൈവികാനുഭവത്തിലൂടെ മോ യോശുവയും കടന്നു പോവുകയാണ് എന്നിട്ടിവിടെ നമ്മൾ ജനം ആർത്ത് വിളിക്കുന്ന ഘോഷം നമ്മൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കൽപ്പനകളൊക്കെ മോശയ്ക്ക് കൊടുത്തു അത് കഴിഞ്ഞ് മോശ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുമ്പോൾ പതിനേഴാം വാക്യം ജനം ആർത്ത് വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശിയോട് അപ്പം ഇപ്പോഴും മോശി ഇറങ്ങി വരുമ്പോഴും യോശുവ മോശിയോട് കൂടെയുണ്ട് അപ്പം ഏതായാലും അവിടെ മലയിലിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എവിടെയോ ഒരു സ്ഥലത്ത് മാറി യോശുവ നിൽക്കുന്നു അത് കഴിഞ്ഞ് മോശി ഇറങ്ങി വന്നപ്പോൾ യോശുവയും കൂടെയുണ്ട് കൂടെ പറയുന്നു യുദ്ധകോശം കേൾക്കുന്നുണ്ട് യോശുവ കേട്ടപ്പോൾ അവൻ മോശിയോട് പാളയത്തിൽ യുദ്ധകോശമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ അവിടെ കാണുന്നതും യോശുവ കൽപ്പലക എറിഞ്ഞുടച്ചതും ആ രീതിയിൽ തുടർന്ന് അവർ അവർ കാളക്കൊട്ടി ഉണ്ടാക്കിയതിനെ കുറിച്ചുമൊക്കെയാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അപ്പോൾ നമ്മൾ യോഷ്മയുടെ ഒരു ആത്മീകമായ ഒരു തീഷ്ണത ആത്മീകമായ താല്പര്യം തൻ മോശിക്കുക ശുശ്രൂഷ ചെയ്തു അത് കഴിഞ്ഞ് മോശ ദൈവസന്നിധിയിലേക്ക് പോയപ്പോൾ എനിക്കും ആ ഒരു അനുഭവത്തിൻ്റെ ഒരു പങ്കെങ്കിലും എനിക്കും വേണം എന്ന് പറഞ്ഞ് മോശ അവിടെ നിന്ന് ഓടിപ്പോകാതെ മാറിപ്പോകാതെ മോശയ്ക്ക് പുറകെ പോകുന്നു മോശ തിരിച്ചു വരുമ്പോൾ മോശയോട് കൂടെ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആണ് മോശയോട് അവിടെ നിന്ന് താഴെ ഡിസേൺമെൻറ്റോട് അവിടെ ശബ്ദം കേട്ടപ്പോൾ മോശയോടത് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം മോശയോട് കൂടെ നിൽക്കുന്ന ഒരു യോശുവായി നമുക്ക് കാണുന്നു അത് കഴിഞ്ഞ് അവർ താഴെ വന്നുകഴിഞ്ഞ് അവിടെ ഒരു സമാഗമൻ്റെ കൂടാരമുണ്ടാക്കിയതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി മൂന്നാം അധ്യായം നമ്മളിപ്പോൾ മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ സമാഗമ കൂടാരമുണ്ടാക്കുകയും മോശയോട് ദൈവം ഒരുത്തൻ തൻ്റെ സ്നേഹത്തിനോട് സംസാരിക്കുന്നത് പോലെ മോശിയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന് മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ട് പിരിയാതിരുന്നു യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ട് പിരിയാതിരുന്നു ഒരു ചെറുപ്പക്കാരൻ ബാല്യക്കാരൻ അവൻ കൂടാരത്തെ വിട്ട് പിരിയാതിരുന്നു ആത്മീയമായിട്ടുള്ള യോശുവയുടെ ഒരു ഈഗർനെസ് ഒരു താല്പര്യം അവിടെ കൂടാരത്തിൽ വന്നപ്പോഴും അവിടെ കൂടാരത്തിൽ വിട്ടുപിരിഞ്ഞ് മോശയോട് ദൈവം അഭിമുഖമായിട്ട് സംസാരിക്കുന്നു എനിക്കും എന്നോടും ദൈവം സംസാരിക്കണം എനിക്കും അവിടെ ആ കൂടാരത്തിൻ്റെ അടുത്ത് ദൈവം മോശയോട് സംസാരിക്കുന്നതിൻ്റെ ഞാൻ കണ്ട് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് അവനടുത്ത് നിൽക്കണം പറ്റി നിൽക്കുന്നു ചേർന്ന് നിൽക്കുന്നു എത്ര ഒരു ആത്മീയമായ ഉത്സാഹവും ആത്മീയമായ ഒരു താല്പര്യവും യോഷുവായിക്കുണ്ടായിരുന്നു നമുക്ക് പ്രിയ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ നിങ്ങളെ നിങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ പഴി കഴിയുന്ന ആത്മീക നേതാക്കന്മാർ നിങ്ങളാകണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ആയിരിക്കുന്ന നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ യോശുവരുന്ന ബാല്യക്കാരൻ ആ സി എഫ് സി കോട്ടയത്തിലുള്ള ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരി അവൾ എത്ര ആത്മീയമായ ശുഷ്കാന്തിയുള്ളവരാണ് ആത്മീയകാര്യങ്ങൾ താല്പര്യമുള്ളവളാണ് അവൻ എത്ര ആത്മീയകാര്യങ്ങൾ താല്പര്യവും ഉത്സാഹവും ഉള്ളവരാണ് ആത്മീയകാര്യങ്ങളിൽ അതിനുവേണ്ടിയുള്ള ഒരു ദാഹം അവൻ്റെ ഹൃദയത്തിലുണ്ട് ഈ ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നൽകട്ടെ അതാണ് നിങ്ങളെ മുമ്പോട്ട് ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ഇന്ന് ദൈവത്തിന് ചെയ്യേണ്ട കാര്യം നമ്മൾ മൂന്നാമതായി യോശുവെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉത്സാഹത്തോടു കൂടിയൊക്കെ വരുമ്പോൾ പലപ്പോഴും ചെറുപ്പക്കാർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ വളരെ എരിവുള്ളവരായി മാറും എരിവുള്ളവരായിരിക്കുമ്പോൾ അവരെ ഒട്ടും നുറുക്കപ്പെട്ടവരായിരിക്കില്ല അപ്പോൾ നമ്മെ ദൈവത്തിന് വീണ്ടും യഥാർത്ഥത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ഒരു നുറുക്കത്തിൻ്റെ വഴിയിലൂടെയും നമ്മെ ദൈവത്തിനെ കടത്തിവിടണം അപ്പോൾ ഇവിടെ നമ്മൾ യോഷുവയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകത്തിൽ യോശുവയെക്കുറിച്ച് ഇങ്ങനെയൊരു പരാമർശമുണ്ട് പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം അവിടെ എൽദാദ് മേദാദ് ഇങ്ങനെയൊക്കെയുള്ള ചില മറ്റുള്ള ചില ആളുകൾക്ക് ഇരുപത്തിയാറാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവർ കൂടാരത്തിൽ അവർ പാളയത്തിൽ വന്ന് പ്രവചിച്ചു എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നു ഇരുപത്തിയേഴ് അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശിയുടെ അടുക്കൽ ഓടിച്ചെന്നു എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്നറിയിച്ചു അപ്പോൾ പ്രവചിക്കുന്നുവെന്ന് അറിയിച്ചപ്പോൾ ഉടനെ യോഷുവ എന്ന് പറഞ്ഞു ഇരുപത്തിയെട്ട് അപ്പോൾ നൂൻ്റെ മകനായി ബാല്യ മുതൽ മോശിയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോഷുവ എൻ്റെ യജമാനായ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു ഇരുപത്തിയെട്ട് മോസസ് ലോഡ് റെസ്ട്രൈൻഡം അവരെ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ സബദിപുത്രന്മാർ യാക്കോബും യോഹന്നനും അവർ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അവർ ആ രീതിയിൽ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തിൽ നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ ചോദിച്ച ആ ഒരു യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പസ്തുലനായി മാറിയ ഒരു നുറുക്കത്തിൻ്റെ വഴിയിൽ കൂടെ കടന്നുപോയൊരു ചിത്രം നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു ഇവിടെയും യോഷുവ ഇങ്ങനെ ആയിരുന്നെങ്കിൽ യോഷുവയ്ക്ക് ആ എരിവുണ്ട് യോഷുവെ സംബന്ധിച്ചോളം ഇതും സഹിക്കാൻ പറ്റുന്നില്ല ഇവരെ വിരോധിക്കണമേ അവരെ റെസ്ട്രെയിൻ ചെയ്യണമേ എന്ന് പറഞ്ഞു അപ്പോൾ മോശ അവനോട് എന്നെ വിചാരിച്ച് നീ എന്തിനാ അസൂയപ്പെടുന്നത് യെഹൂബയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹൂബ തൻ്റെ ആത്മാവിനെ അവരുടെ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോഴും താൻ യോഷുവ മോശയാൽ തിരുത്തപ്പെടുന്നു യോശുവ മോശയെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു വളരെ താഴ്മയുള്ള മോശിയുടെ അടുക്കൽ നിന്ന് വിട്ടുപിരിയാതെ യോഷുവ നിൽക്കുമ്പോൾ യോഷുവയുടെ ജീവിതത്തിലും നുറുക്കത്തിൻ്റെ പാഠങ്ങൾ യോശുവ അഭ്യസിക്കുന്നു അപ്പം താഴ്മയും നുറുക്കവുമുള്ള ഒരു വ്യക്തിയായി അപ്പം മൂന്നാമതായി നമുക്ക് ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം നമുക്ക് ജോഷിയുടെ ജീവിതത്തിലും നാം പഠിക്കേണ്ടത് നാം ഭൗതികമായ കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം രണ്ട് ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം മൂന്ന് അതൊക്കെയാണെങ്കിലും നാം നുറുക്കപ്പെട്ട് താഴ്മയുടെ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു വരയണം അല്ലെങ്കിൽ നമ്മുടെ എരിവ് കൊണ്ട് നമുക്ക് ആത്മീയ പ്രവൃത്തികളെ ചെയ്യാൻ പറ്റുകയിൽ ദൈവം അനുവദിക്കുന്ന പല ജീവിത സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നുറുക്കത്തിൻ്റെ വഴിയിലൂടെ അത് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ചെറുപ്പക്കാരോട് പറയാറുള്ളത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിൽ എപ്പോഴും ചെറുപ്പക്കാർക്ക് തോന്നി എന്തിനു ഈ എൻ്റെ അപ്പ അല്ലെങ്കിൽ എൻ്റെ നിങ്ങൾ വിളിക്കുന്ന ഡാഡി പപ്പ എന്തിനാ എൻ്റെ ഇങ്ങനെ എന്തിനാ വഴക്ക് പറയും എന്ത് ഇത് പറയുമ്പോൾ ഇങ്ങനെ പറയും അല്ലെങ്കിൽ ഇങ്ങനെ വഴക്ക് പറയും ഓരോ പ്രാവശ്യവും എന്തെങ്കിലും ഒരു വഴക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒഫൻഡഡ് ആവും ഒഫൻഡഡ് ആവുകയും അത് കഴിഞ്ഞ് ചിലപ്പോൾ മുഖം വീർപ്പിക്കുകയും ഇതെല്ലാം ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത് നമ്മൾ ഒഫൻറ്റഡ് ആവുക അല്ലെങ്കിൽ മുറിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്താ അതിൻ്റെ അർത്ഥം മുറിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെയാണ് മുറി ഉണ്ടാകുന്നത് നമ്മുടെ സ്വയത്തിനാണ് മുറിവുണ്ടാവുന്നത് ഏതായാലും പുറത്തല്ലല്ലോ മുറിവുണ്ടാവും അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ പിതാവ് പറയുന്നു ചെയ്യണ്ട അല്ലെങ്കിൽ മമ്മി പറയുന്നു അത് ചെയ്യണ്ട അങ്ങനെ പറയുമ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എൻ്റെ ഉടനെ എനിക്കൊരു വിഷമം ഉണ്ടാകുന്നു സ്വയത്തിനാണ് ഒരു മുറിവേൽക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ തരത്തിൽ നമ്മുടെ വീട്ടിലുള്ള തിരുത്തലുകൾ ശാസനകൾ കോളേജിലുള്ള തിരുത്തലുകൾ ശാസനകൾ എൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടുള്ള തിരുത്തലുകൾ ശാസനകളൊക്കെ വരുമ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് ഈ ഒഫൻറ്റഡ് ആകുന്നതിൽ നിന്ന് നിങ്ങൾ ജയിക്കണം ഈ മുറിവേൽക്കുന്നതിൽ നിങ്ങൾ ജയിക്കണം ഞാൻ എൻ്റെ മക്കളോട് അതാണ് പറയാറ് അത് പറയുന്ന ഉടനെ പെട്ടെന്ന് എന്നോടങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമില്ലായിരിക്കും ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മിണ്ടാതിരിക്കുന്നു എനിക്കിപ്പം വിശക്കുന്നില്ല ചൂട് കഴി ഭക്ഷണം കഴിക്കും എനിക്ക് ഇപ്പം ഇപ്പം വിശക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് വിശപ്പം എങ്ങോട്ട് പോയി അപ്പം ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിങ്ങനെ മുറിപ്പെടുന്നു ഒഫൻറ്റഡ് ആകുന്നു ഇത് നിങ്ങളുടെ നുറുക്കത്തിന് തടസ്സമാണ് അപ്പം നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകണമെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെയുള്ള തിരുത്തലുകൾക്ക് ശാസനകൾക്ക് അതിനെ സ്വീകരിക്കുക അതിനെ ഒരു തലയിലെ എണ്ണയെപ്പോലെ നിങ്ങൾ സ്വീകരിക്കുക അതെനിക്ക് വേണം ദൈവം എൻ്റെ ആത്യന്തികമായ എന്നെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണിത് ഇപ്പോൾ എന്നെ തിരുത്തുമ്പോൾ അൺറീസണബിളായിട്ട് ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റല്ല നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റിന് നിങ്ങളെ ശാസിക്കുന്നു ആ സമയത്ത് നമുക്കെല്ലാം നമുക്കെല്ലാം നമ്മുടെ സ്വയം വളരെ ശക്തമാണ് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് നമ്മളെ ശാസിച്ചാൽ നമുക്കെല്ലാം ന്യായീകരിക്കാനും മറുപടി പറയാനുമാണ് നമ്മുടെ സ്വാഭാവിക പ്രവണത എന്നാൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ആ സമയത്ത് കൃപയോടെ നമ്മൾ മിണ്ടാതിരുന്ന് നമ്മളത് ഏറ്റെടുത്ത് ആ ശാസനിക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ ഒരു നുറുക്കത്തിൻ്റെ വലിയൊരു വഴി ഒരു പാഠം നമുക്ക് ലഭിക്കുകയാണ് ആ പാഠത്തിലൂടെയാണ് ദൈവത്തിന് നമ്മെ മുമ്പോട്ട് ഒരു ആത്മീയ വഴിയിൽ ആത്മീയ നേതാക്കന്മാരായി നമ്മെ ഉപയോഗിക്കുവാനായിട്ട് മറ്റുള്ളവരെ നയിക്കാനായിട്ട് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുകയുള്ളു അപ്പോൾ യോഷുവയുടെ ജീവിതത്തിലും അപ്രകാരം നമ്മൾ ഉള്ള ഒരു നുറുക്കത്തിൻ്റെ പാഠങ്ങൾ യോഷുവയ്ക്കും ഉണ്ടായി നമ്മൾ നമ്പേഴ്സ് പതിനാലാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട് സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം അതിന്റെ ആറാം വാക്യം നേരത്തെ ഈ പറഞ്ഞതുപോലെ അവര് അവരെ വിരോധിക്കണം എന്ന് പറഞ്ഞ യോഷുവ ഇപ്പം പതിനാലാം അധ്യായത്തിൽ അഞ്ചാം വാക്യം അവിടെ മോശക്കെതിരെ പിറുപിറുത്ത ഇസ്രായേൽ മക്കളോട് മോശ പ്രതികരിക്കുന്നത് അവർ കണ്ടു അഞ്ചാം വാക്യം അപ്പോൾ മോശയും അഹരൂനും ഇസ്രായേൽ സഭയുടെ സർവസംഘത്തിന്റെയും മുമ്പാകെ കബിണ് വീണം ദേശത്തെ ഒറ്റ നോക്കിയവരിൽ നൂൻ്റെ മകൻ യോശുവയും യഫുനയുടെ മകൻ കാലേബും വസ്ത്രം കീറി അപ്പം പലപ്പോഴും നല്ല ലീഡർഷിപ്പ് ഉണ്ടാകേണ്ടതും വളരെ ആവശ്യമാണ് അപ്പം ചർച്ചിലുമൊക്കെ ഞങ്ങളെല്ലാം ആ കാര്യത്തിൽ വളരെ ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മളെ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം പലപ്പോഴും ആ രീതിയിൽ മറ്റുള്ളവർക്ക് ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയായി നിൽക്കുന്ന ഇവിടെ ചെറുപ്പക്കാരനായ യോശുവയ്ക്ക് മാതൃകയായിട്ടൊരു മോശം ഉണ്ടായിരുന്നു മോശയെ സംബന്ധിച്ചോളം മോശം എന്താ അവിടെ ചെയ്തത് പെട്ടെന്ന് മോശ കവണ് വീണു അവിടെ അവിടെ ന്യായീകരണങ്ങളൊന്നും ഇല്ലാതെ മോശ അവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ തന്നെ താഴ്ത്തുന്നു കവണ് വീഴുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ യോശുവ എന്ത് ചെയ്തു യോഷുവായും കലൈബും വസ്ത്രം കീറി നേരത്തെ ഇങ്ങനെയൊക്കെ പറയുന്നവരോട് വിരോധിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പം യോഷുവായ വസ്ത്രം കീറുന്നു അതുമാത്രമല്ല ഇസ്രായേൽ മക്കളുടെ ഏഴാം വാക്യം സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ ഞങ്ങൾ ദേശം ഉറ്റുനോക്കാൻ പോയതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സമയ കാരണം ഞാൻ പെട്ടെന്ന് പോവുകയാണ് യോഷുവായും കാലയവുമാണ് ദേശം ഉറ്റുനോക്കാനായിട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് ബാക്കിയെല്ലാവരും അവിടെ വലിയ മല്ലന്മാരുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ നിരാശപ്പെടുത്തിയപ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മാവോടുകൂടെ ജനങ്ങളെ ഉത്സാഹിപ്പിച്ചത് യോഷുവായും കാലയവുമാണ് അപ്പോൾ എന്നിട്ട് ഇവിടെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു എട്ടാം വാക്യം യഹോവ നമ്മൾ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടു അത് നമുക്ക് തരും യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത് അവർ നമുക്ക് ഇരയാകുന്നു അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു നമ്മോട് കൂടി യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത് നേരത്തെ പറഞ്ഞ യോഷുവയുടെ വാക്കുകളും ഇപ്പോൾ ഈ പറയുന്ന യോഷുവയുടെ വാക്കുകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പം ഈ യോഷുവ ആളുകളെ കുറിച്ചുള്ള ഒരു ഭാരത്തോടെ ആളുകളെ കുറിച്ചുള്ള ഒരു കൺസേണോടുകൂടെ നിങ്ങൾ മത്സരിക്കുക മാത്രം വരുത് നിങ്ങൾ ജനത്തെ ഭയപ്പെടരുത് അവർ നമുക്ക് ഇരയാകുന്നു വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉത്സാഹത്തിൻ്റെ വാക്കുകൾ അവരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളല്ല വിശ്വാസത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിക്കുന്നു നുറുക്കത്തിൻ്റെ ഒരു വഴിയിലൂടെ കടന്നു മാത്രമേ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈയൊരു ആത്മീകമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും ലീഡർഷിപ്പും നമുക്ക് ദൈവത്തിന് നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ അവിടെ ഈ ഒരു നൃുക്കത്തിൻ്റെ വഴിയിലൂടെ പോയ യോഷുവ അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നു നമ്മൾ യോശുവയെക്കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്നത് സംഘീതപുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പതിനൊന്നാം വാക്യം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ വാക്യം കെനിസിനായ യഫുന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും യഹോബയോട് പൂർണ്ണമായി പറ്റി നിന്നത് അവരല്ലാതെ മിശ്രൈമിൽ നിന്ന് പോകുന്നവരിൽ ഇരുപത് വയസ്സിന് മുതൽ മേലോട്ടുള്ള ഒരുത്തിനും ഞാൻ ഇബ്രാഹാമിനോടും മിസ്വാക്കിനോടും യാക്കുമിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല അവർ പൂർണ്ണമായി പറ്റി കൊണ്ട് തന്നെ അപ്പം ആ ഒരു പ്രയോഗം യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു ഫോളോ They did not, uh, have, uh, followed the Lord fully language, They have followed the Lord fully By프70 the first <laughs> time By being 60% while consuming Everysource and dev living Making a full burden Everyone requires <laughs> a Ilshova For us of course So this time of Israel Therefore for us to live in possibly unaf Mystery They're all qualified യോശുവ ദൈവത്താൽ അഭ്യസിപ്പിക്കപ്പെട്ടു മോശയുടെ കീഴിൽ നിന്ന് പല പാഠങ്ങൾ പഠിച്ചു യഹോബയോട് പറ്റി നിന്ന് മുമ്പോട്ട് പോകുന്ന യോശുവ അതിനുശേഷമാണ് നമ്മൾ യോഷുവയ്ക്ക് അതോറിറ്റിയും നേതൃത്വവും മോശ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് യോശുവയെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് എത്രയൊക്കെ എന്തൊക്കെ പടികളിലൂടെയാണ് യോഷുവ കടന്നുപോയത് നമ്മൾ മുപ്പത്തിരണ്ടാം അധ്യായം സംഘീതപുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം അത് നമ്മളിപ്പം വായിച്ചവൻ പൂർണ്ണമായി പറ്റി നിന്നു അത് കഴിഞ്ഞ് നമ്മൾ ആവർത്തന പുസ്തകത്തിലാണ് യേശുവായിക്ക് നേതൃത്വം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ദൈവം മോശിയോട് പറയുന്നു യഹോവ കൽപ്പിച്ചത് മുപ്പത്തിയെട്ട് നിൻ്റെ ശുശ്രൂഷകനായ നൂൻ്റെ മകൻ യോശുവ യോശുവ അവിടെ ചെല്ലുക അവനെ ധൈര്യപ്പെടുത്തുക അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കേണ്ടത് ആ രീതിയിൽ യോശുവായിക്ക് നേതൃത്വം കൊടുക്കുകയും യേശുവായിക്ക് ഉത്സാഹിപ്പിക്കുവാനും ദൈവം പറയുന്നു മൂന്നാം അധ്യായത്തിലും നമ്മൾ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു യോശുവായോട് കൽപ്പിച്ചത് അവനെ ധൈര്യപ്പെടുത്തി യു ഉറപ്പിക്കുക നമ്മൾ ഇരുപത്തിയേഴ് വാക്യം മുതൽ മോശ ഭാഗത്ത് നാട് നോക്കിക്കാണുന്ന ആ ഭാഗത്താണ് ഇരുപത്തിയേഴാം വാക്കി പിസ്ഗിയുടെ മുകളിൽ കയറി തല പൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക ഈ ഓർദാൻ നീ കടക്കുകയില്ല കൽപ്പിച്ചവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക അപ്പോൾ ദൈവം ആ രീതിയിൽ യേശുവായോട് ഉറപ്പിക്കുവാനായിട്ട് പറയുന്നു അപ്പോൾ അങ്ങനെ യോശുവായി ഒരു ലീഡർഷിപ്പ് എടുക്കുന്നതും അതിനെ തുടർന്ന് യോശുവ ഒരു ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഫുൾ ഓഫ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു വളരെ ഉറപ്പോടെ ധൈര്യത്തോടെ ജ്ഞാന ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു അത് കഴിഞ്ഞ് ഈ ഇസ്രായേൽ മക്കളെ തുടർന്ന് കനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുന്നതും ആ യാത്രയിൽ അവരെ നയിക്കുന്നതുമൊക്കെ യോഷുവായാണ് എന്ന് നമ്മൾ കാണുന്നു നമ്മൾ യോഷുവയുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞ് യോശുവ എങ്ങനെയാണ് നയിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായി യോഷുവയുടെ പുസ്തകത്തിലുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുവാനായിട്ട് സമയമില്ല അതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഞാൻ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തെ അധ്യായം ആ അധ്യായത്തിൽ യോഷുവയുടെ ഒരു വിടവാങ്ങൽ പ്രസംഗമുണ്ട് ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ കാണിക്കാം യോശുവ ജന ജനത്തോട് യാത്ര പറയുന്ന ഇരുപത്തി മൂന്നും യോശുവയുടെ പുസ്തകം ഇരുപത്തി മൂന്നും അധ്യായങ്ങളിലാണ് അപ്പോൾ യോശുവ ഇത്രയും ജനങ്ങളെ തുടർന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി അവരെ നയിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഈ ജനത്തെ കണ്ട് യോശുവ അവരോട് പറയുന്ന പല വാക്യങ്ങളാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരുത് ഇടകലരരുത് പതിനൊന്നാം വാക്യം നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുവാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രത ഉള്ളവരായിരിക്കു അപ്പോൾ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായ നിങ്ങൾക്കും പലപ്പോഴും ആത്മീക ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയാത്തതിൻ്റെ ഒരു കാരണം അന്ന് ആ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നത് പോലെ മീറ്റിങ്ങിന് വരുമ്പോൾ ഉത്സാഹമാണ് ഇവിടെ വരുമ്പോൾ എല്ലാം താല്പര്യമുണ്ട് പക്ഷേ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരോടും ഇട കലർന്ന് അവിടെ ഒരു നിലപാടില്ല ഒരു സ്റ്റാൻഡില്ല ദൈവത്തിന് വേണ്ടി ഒരു നിലപാടോട് കൂടെ ഞാൻ കർത്താവിനെ പിൻപറ്റും ഒരു ആത്മീയ ശുഷ്കാന്തിയോടു കൂടെ ഒരു നിലപാടെടുക്കണം യോശുവ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ യോശുവ മറ്റുള്ളവരോടും ആ കാര്യമാണ് ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ ദൈവമായ ഹോമിയെ സ്നേഹിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയുള്ളവരായിരിക്കുക നിങ്ങൾ ജാതികളുമായിട്ട് ഇട കലരരുത് നമ്മൾ വീണ്ടും പതിനഞ്ചാം വാക്യം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ യോശുവയെക്കുറിച്ച് നമ്മുടെ മിക്കവാറും വീടുകളിൽ നമ്മൾ എഴുതി വയ്ക്കുന്ന ഒരു വാക്യമുണ്ട് എന്താണ് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് യോഷുവ പതിനഞ്ച് നമ്മൾ പതിനഞ്ചാം വാക്യം യോശുവ അവരോട് വളരെ ക്ലിയറായിട്ട് പറയുകയാണ് യോശുവ ഒരു നിലപാടുള്ള വ്യക്തിയായിരുന്നു യോഷുവ പറഞ്ഞു യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് പതിനഞ്ചാം വാക്യം നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുള്ളവൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇത് വെറുതെ ഇങ്ങനെ ഒരു പോകാൻ പറ്റില്ല അവരെയും സേവിച്ച് ഇവരെയും സേവിച്ച് പോകാൻ പറ്റില്ല നിങ്ങൾ ആരെയും സേവിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ ദൈവത്തെയാണോ പിൻപറ്റുന്നത് നിങ്ങൾ നേരത്തെ നമ്മളത് കേട്ടിട്ടുണ്ടല്ലോ എലിയാവ് പറഞ്ഞു എലിയാവ് പറഞ്ഞു നിങ്ങൾ ദൈവത്തെയാണോ പിൻപറ്റുന്നത് അതോ ബാലിനെയാണോ ദൈവത്തെ പിൻപറ്റുന്നുവെങ്കിൽ അപ്പോൾ എപ്പോഴും ആ രീതിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് ഒരു ഉറപ്പോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോയി മറ്റുള്ളവരെക്ക് ഉത്സാഹിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു നിലപാടുണ്ടാകണം നമുക്ക് ഇവിടെ അവർ പറയുന്നു നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക യോഷുവയ്ക്കൊരു ഉറപ്പുണ്ട് ജോഷുവ എന്ത് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടിനെയെങ്കിലും നിങ്ങൾ ആത്മീയ വഴിയിൽ നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കുക ആരോടെങ്കിലും ഒരു ഗോസ്പൽ നിങ്ങൾ പറയുക ആർക്കെങ്കിലും ഒരു ട്രാക്റ്റ് നൽകുക നമ്മുടെ എത്രയോ പുസ്തകങ്ങളുണ്ട് എത്രയോ ഒരു സീഡിയുണ്ട് അവർക്ക് വേണ്ടി തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുക അവരെ നിങ്ങൾ സ്ലോലി നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റെല്ലാവരും മറ്റു വഴിയിലേക്ക് പോകുമ്പോൾ ആദ്യം നിങ്ങൾ തന്നെ ഒരു നിലപാടെടുക്കുക ഞാൻ വരില്ല ഞാൻ ചെയ്യില്ല ഞാൻ പലപ്പോഴും ചെറുപ്പക്കാരോട് എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ കോളേജിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ പുറകിൽ പുറകിലൊരു ഈ എല്ല് നിങ്ങൾ കൊണ്ടു വന്ന് ചോദിക്കാറുണ്ട് പുറകിലുള്ള എല് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് നട്ടെല്ല് നിങ്ങൾ അവരെപ്പോഴും അവർക്കൊരു നിലപാടില്ല ഇങ്ങനെ എപ്പോഴും വളഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളൊരു നട്ടല്ലുള്ളവരായിരിക്കണം നിങ്ങളെ സംബന്ധിച്ചോളം ശരി എനിക്കൊരു നിലപാടുണ്ട് ഞാൻ വരുന്നില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദാനിയിലിനോടൊപ്പം ശത്രു മേശക് അബേദനകോ ഇവരെ ദാനിയിൽ ബലപ്പെടുത്തി പോലെ നിങ്ങൾക്ക് ഒരാളിനെ ചിലപ്പോൾ കിട്ടും ആ ആളിനോ ആ ഒരാളിനോടുകൂടെ ഞാനും എൻ്റെ കുടുംബവും ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ നിങ്ങളാദ്യം ഞാൻ യഹോവയെ സേവിക്കും എന്നൊരു തീരുമാനം ഓക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൂട്ടുകാരനെ കൂടെ തന്നാൽ ഞാനും എൻ്റെ കൂട്ടുകാരനും ഞങ്ങൾ യഹോവയെ സേവിക്കും ഞങ്ങൾ എഹോവയ്ക്ക് വേണ്ടി നിൽക്കും ഞാനും എൻ്റെ ഈ മൂന്ന് കൂട്ടുകാരും ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കും ഈ സാഹചര്യത്തിൽ മറ്റെല്ലാവരും ഈ വഴിയെ പോകുമ്പോൾ ഞങ്ങൾ നിൽക്കും യോശുവയുടെ ജീവിതത്തിൽ യോശുവായ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിഞ്ഞത് യോശുവായിക്ക് ഇങ്ങനെയൊരു മറ്റ് പല ഗുണങ്ങളുണ്ടായിരുന്നു അതുപോലെ യേശുവായിക്ക് ഇങ്ങനെ ഒരു നിലപാട് യോശുവായിക്കുണ്ടായിരുന്നു വീണ്ടും അവരോട് പറയുന്നു നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇരുപത്തി മൂന്നാം വാക്യം ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവയെങ്കിലേക്ക് നിങ്ങൾ ഹൃദയം ചായ്ക്കുവീൻ എന്ന് അവൻ പറഞ്ഞു യോഷുവ ചെറുപ്പക്കാർക്ക് നിങ്ങൾക്ക് യോഷുവ ഒരു വലിയ നേതാവായിരുന്നില്ല യോഷുവ മോശയെ പിൻപറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു യോഷുവയുടെ മോശയുടെ കൂടെ നിന്ന് അവസാനം ദൈവത്തിന് ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ആ പദ്ധതിയിൽ ദൈവം ഉപയോഗിച്ച ഏറ്റവും വലിയ ഒരു ഒരു നേതാവായിട്ട് യോഷുവ വളർന്നു വന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് ചിന്തിച്ചത് അവൻ ബുദ്ധിമുട്ടുള്ള ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ മനസ്സ് വച്ചിരുന്നു ആത്മീയ കാര്യങ്ങളിൽ അവൻ ശുഷ്കാന്തിയുള്ളവനായിരുന്നു അവൻ നുറുക്കപ്പെടുവാനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു നുറുക്കത്തിൻ്റെയും താഴ്മയുടെയും പാഠങ്ങൾ അവൻ അഭ്യസിച്ചു അങ്ങനെ അത്രയും ചെയ്ത ഒരു വ്യക്തിയെയാണ് ദൈവം ഒരു ആത്മീയ നേതാവായിട്ട് മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോയത് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് അതുപോലെ തിമത്യോസിനെക്കുറിച്ചും കൂടെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം പുതിയ നിയമത്തിൽ നമ്മൾ അപസ്വല പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലാണ് നമ്മൾ ആദ്യം തിമ്മത്യൂസിനെക്കുറിച്ച് വായിക്കുന്നത് അപ്പോൾ സ്തുല പ്രവർത്തികൾ പതിനാറാം അധ്യായ അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു അവൻ്റെ അപ്പൻ യവനനായിരുന്നു അവൻ ലുസ്ത്രയിലും ഇക്വനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു ഇവിടെ തിമത്യോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തിമത്യോസിൻ്റെ ജീവിതത്തിൽ തിമോസിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊത്തിരി ഡീറ്റെയിൽസ് തിമത്യൂസിനെ കുറിച്ച് മേദോത്സവത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അവിടെ തിമത്യോസിൻ്റെ അമ്മ ആരാണ് വലിയമ്മ ആരാണ് എന്നൊക്കെ ഒന്ന് തിമത്യോസ് ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അമ്മ യൂനസ്സും വലിയമ്മ ലോയിസിനെ കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും ആ വിശ്വാസം എങ്ങനെയാണ് തീമദ്യോസിന് കിട്ടിയത് എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നു എന്നാലിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ അമ്മ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയായിരുന്നു പക്ഷേ അവൻ്റെ അപ്പൻ യവനനായിരുന്നു അവൻ്റെ വല്യമ്മയും വിശ്വാസിയായിരുന്നു അമ്മയും വിശ്വാസിയായിരുന്നു അപ്പം വല്യമ്മ വിശ്വാസിയായിരിക്കും അമ്മ എങ്ങനെയാണ് ഒരു യവനനെ വിവാഹം കഴിച്ചത് അത് നമുക്ക് ശരിക്കും അറിയില്ല അമ്മയെ അമ്മ വിശ്വാസിയായിരിക്കെ ഒരുപക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരുപക്ഷെ തിമത്യോസിൻ്റെ അമ്മ യുനസ് തൻ്റെ ചെറുപ്പത്തിൽ ആ രീതിയിൽ ദൈവത്തെ വേണ്ടുമണ്ണം അറിഞ്ഞിരുന്നില്ല അറിയാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ആ രീതിയിൽ അറിയാതിരുന്ന സമയത്ത് ഒരു യവനനെ ആയിട്ടുള്ള ലവ് മാരേജോ എന്തെങ്കിലും ആയിരിക്കാം അത് കഴിഞ്ഞിട്ടാണ് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിഞ്ഞത് അറിഞ്ഞ ശേഷം വളരെ തീവ്രമായി അനുതാപത്തോടെ ആഴമായി കർത്താവിനെ സ്നേഹിച്ച് ഒരു ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയായിട്ട് മാറി അതൊരു സാധ്യതയാണ് മറ്റൊരു സാധ്യത ഇവർ അമ്മ ലോയിസ് നേരത്തെ അറിഞ്ഞു മകളായ യുനസും നേരത്തെ തന്നെ കർത്താവിനെ അറിഞ്ഞു അവർ കർത്താർതിനെ ആത്മാർത്ഥമായിട്ട് പിൻപറ്റുന്ന ആത്മാർത്ഥമായി സ്നേഹിച്ച് കർത്താവിനെ പിൻപറ്റുന്ന ഒരു അമ്മയും മകളുമായിരുന്നു പക്ഷേ അന്നുണ്ടായിരുന്ന ഗ്രീക്ക് ഭരണം ത്തിലുള്ള ആളുകൾ ചില പട്ടാളക്കാരൊക്കെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഈ തിമത്യോസിൻ്റെ അമ്മയെ ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പീഡനത്തിലൂടെ പ്രയാസത്തിലൂടെ അവൾ കടന്നുപോയി അങ്ങനെ ഒരു നിർബന്ധമായി ഇങ്ങനെ വിവാഹത്തിൽ ചെന്ന് അങ്ങനെയാണെങ്കിലും എന്താണെങ്കിലും തിമത്യോസിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ചെറുപ്പത്തിൽ അവൻ വളരെയധികം പ്രയാസത്തിലൂടെ അവൻ കടന്നുപോയി തൻ്റെ അപ്പൻ ഒരു യവനനാണ് ദൈവത്തെ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി ആ കൊച്ചു ബാലൻ അവൻ കടന്നുപോയ പ്രയാസങ്ങൾ അതിൻ്റെ അതിൻ്റെ മധ്യത്തിൽ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു കൊടുക്കും നീ ഇവിടെ ഇവിടെ നീ കീഴ്പെട്ടിരിക്കണം ഇവിടെ നീ അപ്പനോട് മത്സരിക്കരുത് അപ്പനോട് പല കാര്യങ്ങൾ അവനോട് പറഞ്ഞുകൊടുത്ത് വിശ്വാസത്തിൻ്റെ ദൈവീക വാക്കുകൾ അവനോട് പറഞ്ഞ് ആ കൊച്ച് വീട്ടിൽ അവനൊരു നുറുക്കത്തിൻ്റെ പാഠങ്ങളെ അവൻ അഭ്യസിക്കുകയായിരുന്നു അവനാ രീതിയിൽ നമ്മൾ യോശുവയെക്കുറിച്ച് വായിച്ചതുപോലെ തിമത്യോസും അവൻ തൻ്റെ ചെറുപ്പത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പ്രയാസങ്ങളിലൂടെ ടഫായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു അവൻ്റെ ആ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാം ഇവിടെ വിവരിച്ചിട്ടില്ല എന്നാൽ അതെല്ലാം അവനെ ഒരു ആത്മീക നേതാവാക്കുന്നതിൽ അവന് പിന്നീട് ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു വഴിയിലേക്ക് അവൻ വരുന്നതിന് തൻ്റെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അവന് പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മൾ അപ്പോസ് പ്രതികൾ പതിനേഴാം അധ്യായത്തിൽ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ഇവിടെ പൗലോസിന് ശിലാസും തിമത്യോസും പതിനഞ്ചാം വാക്യം ശിലാസും തിമത്യോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരണം എന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോകും അപ്പോൾ പൗലോസിനെ സംബന്ധിച്ചോളം വളരെ പൗലോസ് സ്നേഹിച്ച് കൂട്ടായ്മ ആചരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് തിമത്യോസ് അപ്പോൾ തിമത്യോസ് തൻ്റെ അടുക്കൽ വരണം തന്നോട് അത് മാത്രമല്ല നമ്മൾ മറ്റൊരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പ ലേഖന് രണ്ടാമധ്യായത്തിൽ തിമുത്യോസിനെക്കുറിച്ച് പൗലൂസ് പറയുന്നത് ഫിലിപ്പ ലേഖനം രണ്ടാമധ്യായം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരും ഇല്ല അത് തിമത്യോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് പത്തൊമ്പതാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം എല്ലാവരും നോക്കുന്നത് ഇരുപത്തിരണ്ട് അവനും മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷഘോഷണത്തിൽ സേവ് ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നല്ലോ അപ്പോൾ തിമത്യോസ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരു പിതാവിൻ്റെ സ്നേഹം ലഭിച്ചിരുന്നില്ല താൻ വളരെയധികം പ്രയാസത്തിലൂടെ തൻ്റെ ചെറുപ്പകാലത്ത് കടന്നുപോയി ഇപ്പോൾ ഇതാ പൗലോസിനെ ഒരു പിതൃ പിതൃസ്ഥാനത്ത് കണ്ടുകൊണ്ട് പൗലോസിനെ കീഴ്പ്പെട്ടിരുന്ന് പൗലോസിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് പൗലോസിനോട് കൂടെ നിന്ന് യോഷുവ എങ്ങനെ മോശയോട് ഒട്ടി നിന്ന് ചേർന്ന് നിന്ന് മോശയിൽ നിന്ന് കാര്യങ്ങൾ അഭ്യസിച്ചു അതുപോലെ തിമത്യോസ് ഒരു പിതൃസ്ഥാനത്ത് പൗലോസിനെ കണ്ട് പൗലോസിൻ്റെ അടുത്ത് പൗലോസിനെ ശുശ്രൂഷ ചെയ്ത് പൗലോസിൻ്റെ കൂടെ നിന്ന് പൗലോസിൽ നിന്ന് അഭ്യസിക്കുന്ന ഒരു തിമത്യോസ് എത്ര അനുഗ്രഹകരമായ ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ചെറുപ്പക്കാരായ സഹോദരന്മാർ നമ്മളിപ്പം നമ്മളോരോ മാസവും ഇവിടെ ജീവമൊഴികൾ മാസിക നമ്മൾ പുറത്തിറക്കുന്നു നമ്മൾ പല കാര്യങ്ങളിൽ ജോജി പേർ ഒക്കെ ഒത്തിരി റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ എനിക്ക് എന്താ ഒരു കൈത്താങ്ങ് കൊടുക്കാനായിട്ട് കഴിയുക എനിക്ക് ഒരു ആർട്ടിക്കൾ ഒരുപക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ കാര്യത്തിന് എന്താണ് ബ്രതറേ മാസികയുടെ കാര്യം ഇവിടം വരെ എന്തെങ്കിലും ഞാൻ എൻ്റെ ഡി എന്തെങ്കിലും ഒരു സഹായം ആവശ്യമാണോ നമ്മളിങ്ങനെ ഈ കാര്യത്തിന് അത് ദൂരെ നിന്നാണെങ്കിലും നമ്മെക്കൊണ്ട് ചെയ്യാവുന്ന ഒരു കൈത്താങ്ങ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ശുശ്രൂഷ കുറേ കഴിയുമ്പോൾ അതിലൂടെയാണ് നമുക്ക് ഒരു ആത്മീയ ഉത്തരവാദിത്വം ഇങ്ങനെ ഇപ്പോഴും നമ്മൾ നോക്കിക്കണ്ട് എവിടെയാണ് ഒരാവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് അവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് മനസ്സുള്ള ചെറുപ്പക്കാരെയാണ് പിന്നീട് ദൈവത്തിന് ഒരു ആത്മീയ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അവരെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുക പൗലൂസിനോട് ചേർന്ന് നിന്ന് എവിടെ എനിക്ക് എന്ത് സഹായിക്കാൻ പറ്റും എന്തൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും എന്തൊരു ഈ ഒരു മനസ്സ് സൂക്ഷിച്ചിരുന്ന തിമത്യോസ് നമ്മൾ ഈ ഈ തിമത്യോസിനെ കുറിച്ച് പൗലൂസ് പിന്നീട് പറയുന്നത് അവൻ എൻ്റെ കോ വർക്കറാണ് എൻ്റെ ഫെലോ വർക്കറാണ് അപ്പോൾ അങ്ങനെ തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിലൂടെ യോശുവായ പോലെ തന്നെ തൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ വളർന്ന് പൗലോസിന് ശുശ്രൂഷ ചെയ്ത് പൗലോസിൻ്റെ കൂടെ നിന്ന് പൗലോസിന് ഓരോ ശുശ്രൂഷകൾ ചെയ്ത് പൗലോസിൽ നിന്ന് പല കാര്യങ്ങൾ അഭ്യസിച്ച് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ മോശ യോശുവായ ഒരു കാര്യം ഏൽപ്പിച്ചതുപോലെ പൗലോസിന് തിമത്യോസിനെ കാര്യങ്ങളേൽപ്പിച്ച് പൗലോസ് തിമത്യോസിനെക്കുറിച്ച് പറയുന്ന റോമാലേഖനം നമ്മളവിടെ വായിക്കുന്നുണ്ട് പതിനാറാം അധ്യായത്തിൽ എൻ്റെ കോവർക്കർ ഇരുപത്തിയൊന്നാം ബാക്കി പതിനാറിൻ്റെ ഇരുപത്തിയൊന്ന് റോമാലേഖനം പതിനാറിന് ഇരുപത്തി ഒന്ന് അങ്ങനെയാണ് പൗലോസ് പരാമർശിക്കുന്നത് അല്ലേ എൻ്റെ കൂട്ടുവേലക്കാരനായ തിമത്യോസ് അത് കഴിഞ്ഞ് നമ്മൾ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് നീ പോയി അവിടെ സഭയെ ഉള്ള മൂപ്പന്മാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ പിന്നീട് പൗലോസ് തിമത്യോസിന് ഒരു അപ്പോസ്തോലിക റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുകയാണ് ഒരു അപ്പൊസ്വലീനായി മറ്റു സഭകളെ മറ്റ് പല സഭകളിലും ഉത്തരവാദിത്വം കൊടുത്ത് മറ്റു സഭകളെയും വിചാരിക്കുന്ന അവിടെയുള്ള മൂപ്പന്മാരെ നിയമിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ തീമത്യോസിന് ഉണ്ടാകുന്നു തീമത്യോസ് എൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനാണ് എന്ന് പൗലൂസ് പറയുന്നു ഇങ്ങനെ അനേക ഇടങ്ങളിൽ തീമത്യോസിനെക്കുറിച്ച് അത്രയധികം സന്തോഷത്തോടെ പൗലൂസ് പരാമർശിക്കും പ്രിയ ചെറുപ്പക്കാരെ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് യോഷുവയെക്കുറിച്ച് തീമത്യോസിനെക്കുറിച്ച് ചെറുപ്പക്കാരായി ജീവിതം ആഗ്രഹിച്ചു അവരാരും ഒരു ലൈം ലൈറ്റിൽ ഉണ്ടായിരുന്നവരാരല്ല ദേവർ അവരൊരു സെക്കൻഡ് ഫീൽഡിൽ പ്ലേ ചെയ്യുന്നവരായിരുന്നു അവർ അവർക്ക് മുമ്പിൽ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു മോശ പൗലോസ് ഉണ്ടായിരുന്നു പക്ഷേ അവർ മോശിയോട് കൂടെ നിന്നു പോലൂസിനോട് കൂടെ നിന്നു അവരുടെ കൊച്ചു ജീവിതത്തിൽ അവർ ബാല്യക്കാരായിരുന്നപ്പോൾ മുതൽ ചില നല്ല ക്വാളിറ്റീസ് അവരെ സൂക്ഷിച്ചു അവർ കാര്യങ്ങളെ അവർ ആത്മാർത്ഥമായിട്ട് ജാഗ്രതയോടെ സിൻസിയറായിട്ട് അവർ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി ആത്മാർത്ഥമായി സിൻസിയറായിട്ട് ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അവരുടെ ആത്മീയമായി അവരെ നയിക്കുന്ന ആളുകൾക്ക് ആത്മാർത്ഥമായി കീഴടങ്ങി ഇരുന്ന് നുറുക്കത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചു തിമത്യൂസിൻ്റെ ജീവിതത്തിൽ പൗലൂസിനോട് മാത്രമല്ല തിമത്യൂസൻ എപ്പോഴും തിമത്യോസിൻ്റെ കൂടെ ഒന്നുകിൽ ഷീലാസും തിമത്യോസും തിമത്യോസിൻ്റെ കൂടെ ഇങ്ങനെ മറ്റ് പലരെയും പൗലൂസ് വിടുമായിരുന്നു അപ്പം ഈ കൂട്ടായ്മയിലൂടെയുള്ള നുറുക്കം നമുക്ക് പലപ്പോഴും നമ്മുടെ കൂടെ മറ്റ് നമ്മിൽ നിന്നും വ്യത്യസ്തരായ വ്യക്തികളോട് പരിചയപ്പെട്ട് അവരോടുള്ള കൂട്ടായ്മ പലപ്പോഴും ചെറുപ്പക്കാരെ പലപ്പോഴും ആഗ്രഹിക്കാറില്ല എനിക്കൊരു ഒരു ക്ലീ ക്ലിക്ക് പോലെ എൻ്റെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടിനോട് മാത്രം ഞാൻ സംസാരിക്കും ബെസ്റ്റ് ഫ്രണ്ടും നമ്മൾ ഞങ്ങളൊരു സെയിം വെയ്വ് ലെങ്ത്ത് ബെസ്റ്റ് ഫ്രണ്ട് രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് അവരെപ്പോഴും ഒന്നിച്ച് കൂടിയിരിക്കും എന്നാൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും വ്യത്യസ്തരായ വ്യക്തികളെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അവരെ പരിചയപ്പെടാൻ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ അവരോട് ഒപ്പം നടക്കാൻ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നില്ല അങ്ങനെ പെരുമാറാതിരിക്കുമ്പോൾ അവരെ വഹിക്കാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ അഭ്യസിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങളൊരു അതൊക്കെയാണ് നിങ്ങളുടെ ബൈബിൾ സ്കൂൾ ആ ബൈബിൾ സ്കൂളിലൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട് തമിഴ്നാട്ടിലായിരുന്ന സമയത്ത് അവിടെയുള്ള വില്ലേജിലൊക്കെയുള്ള ചില സഹോദരന്മാർ വളരെ വ്യത്യസ്തരായ പശ്ചാത്തലം അവരോട് പോയി അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് അവരെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എത്രയധികം സ്പിരിച്വൽ റിച്ചസ് ആണ് നമ്മൾ പ്രാപിക്കുന്നത് നിങ്ങൾ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മനസ്സോടെ തുറന്ന മനസ്സോടെ ഞാൻ ചർച്ചിലാണെങ്കിലും എല്ലാവരെയും എനിക്ക് എല്ലാവരും വേണം എല്ലാവരും മിംഗിൾ എല്ലാവരോടും പഠിക്കാൻ എല്ലാവരോടും കൂട്ടായ്മ ആചരിക്കുക നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിലും ഓക്കെ നിങ്ങൾക്കൊന്നോ രണ്ടോ മൂന്നോ പേര് നിങ്ങൾക്ക് നിങ്ങളുമായി നിങ്ങൾക്ക് കൂടുതൽ അടുപ്പമുള്ള ചിലരുണ്ടായിരിക്കാം എന്നാലും നിങ്ങളങ്ങനെ വേറെ ആരോടും ഉണ്ടാത്ത വേറെ ആരോടും സഹകരിക്കാത്ത അങ്ങനെ ഒരാളായിരുന്നു നിങ്ങൾ അവരെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവരോട് അടുത്ത് ചെല്ലുന്ന അതിലൂടെയെല്ലാം നിങ്ങൾക്ക് ദൈവം നിങ്ങളെ ഒരു നുറുക്കത്തിൻ്റെ ഒരുക്കത്തിൻ്റെ വഴിയിൽ ദൈവത്തിന് പിന്നീട് നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും നിങ്ങൾക്ക് ആ രീതിയിൽ ചെറുപ്പക്കാരെന്ന നമുക്കും ഇവിടെ അടുത്തൊരു തലമുറ ചെറുപ്പക്കാർ ആത്മീയ നേതൃത്വം ചെറുപ്പക്കാർ ഉണ്ടാവണം ഞാൻ ഈ യുനെസിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രയോ സഹോദരിമാർക്കും ഈ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങൾ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾക്ക് വലിയ മിനിസ്ട്രിയൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു തിമത്യൂസിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമോ ഒരു നിങ്ങളുടെ മകനെ ഒരു തിമത്യൂസാക്കാൻ നിങ്ങളുടെ മക്കളെ ആ രീതിയിൽ ആത്മീക ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റാൻ അപ്പോൾ അതിന് നിങ്ങളിപ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുകൂടി ആയിരിക്കണം ചെറുപ്പക്കാരായിരിക്കുമ്പോൾ തന്നെ ആത്മീയ മൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടാവണം നിങ്ങളുടെ ഇവിടെ ചിലരൊക്കെ രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാരുള്ള മാതാക്കളുണ്ട് നിങ്ങളുടെ ഉത്സാഹത്തിനായിട്ട് ഞാൻ പറയട്ടെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഒരു യവനായ ഭർത്താവ് ആണെങ്കിലും അവിടെ ഇതാ ഒരു നുറുക്കമുള്ള ഒരു മാതാവ് തൻ്റെ മകനെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠി പഠിപ്പിക്കുന്നു അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവനെ മുമ്പോട്ട് നയിക്കുന്നു അവനൊരാത്മീയ മനുഷ്യനായിട്ട് പൗലോസിൻ്റെ കോവർക്കറായി മാറുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിത സാഹചര്യം ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യം ആയിരിക്കാം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ജീവിത സാഹചര്യങ്ങളായിരിക്കാം അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കൃപ മതി നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ രക്ഷിക്കപ്പെടും കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയും ദൈവത്തിൻ്റെ വഴിയിൽ അവർ മുമ്പോട്ട് പോകും യൂനിസ്സിന് ദൈവത്തിനെ ഈ രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെയും ദൈവത്തിനെ സഹായിക്കുവാനായിട്ട് കഴിയും നമ്മുടെ സഭയിൽ അപ്രകാരമുള്ള ചെ പല ചെറുപ്പക്കാർ ദൈവത്തെ പിൻപറ്റുന്ന ചെറുപ്പക്കാർ ആത്മാർത്ഥമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ചെറുപ്പക്കാർ എഴുന്നിൽ എഴുന്നേൽക്കട്ടെ ആ ചെറുപ്പക്കാർക്ക് മാതൃകയായി നിൽക്കുവാൻ മുതിർന്ന സഹോദരന്മാർക്കും ഞങ്ങൾക്കും ദൈവം ആ രീതിയിൽ കൃപ നൽകട്ടെ വേണ്ടവണ്ണം ഞങ്ങളുടെ കുറവുകളെ കണ്ട് ഈയൊരു ഈയൊരു വഴിയിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ ദൈവം ഞങ്ങളെയും സഹായിക്കട്ടെ നമുക്ക് ദൈവത്തിൻ്റെ നന്ദിയും സ്തോത്രവും കരയേറ്റാം നമുക്ക് എനിക്ക് തോന്നുന്നു മറ്റ് സഹോദരന്മാർക്ക് ആർക്കെങ്കിലും സാക്ഷ്യം പ്രസ്താവിക്കുവാൻ അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് എന്തെങ്കിലും പങ്കുവയ്ക്കാൻ ചേർന്ന് പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ പങ്കുവെച്ച് നമുക്കൊരു പതിനൊന്ന് മുക്കാൽ പതിനൊന്ന് അമ്പത് ഒക്കെ ആകുമ്പോഴത്തേക്ക്